വിഗീതം ദേവദത്വനിഷ്ഠ പ്രമാണജ്ഞാനം നിഷ്ഠപ്രമാഭവതിരിതാദിർ നിവൃത്തകം പ്രമാണദത്വധിക ദൃഷ്ടാന്തത്തിൽ സമന്വയിച്ചു അങ്ങനെ നിഷ്ഠമായ പ്രമയുടെ അഭാവം അഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദി എന്തായി യജ്ഞന്ത പ്രമ പ്രമയുടെ പ്രാഗഭാവം അതിന്റെ നിവർത്തകമായി യജ്ഞാന്ത്താദ്യം ദൃഷ്ടാന്തത്തിൽ വന്നു ഏത് ഉണ്ട് അനുമാനം ശരിയായി ഇപ്പൊ പറയും കൂടെ ഉപാധിയുണ്ട് ഉപാധി എന്താ പറഞ്ഞത് ഏതേതത്വം എന്ന് പറഞ്ഞു അപ്പൊ സാധ്യമെന്തായാലും ദുഷ്ടാന്തത്തിനുണ്ട് എന്നുവെച്ചാൽ ദേവദത്ത് നിഷ്ടപ്രമാഭാവ അതിരിക്ത അനാഥെ നിവർത്തകമായി യജ്ഞദത്ത പ്രമാ അത് ഏതത് അസംവേദം എന്നുവെച്ചാൽ ദേവദത്ത അസംവേദമാണ് ദേവദത്ത അസംവേതമാണ് ജ്ഞാനമാണ് സമവായ സംബന്ധത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പറയാം തത് അന്യസംവേതം അപ്പോ എപ്പോഴും ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ടെന്ന് ഉറപ്പിക്കും സാധ്യമെന്ന് പറയുന്ന നിവർത്തകമായ ജ്ഞാനമാണ് അതവിടെയുണ്ട് അവിടെ തന്നെ എന്തുവരുന്നു തത് അന്യസംവേദം ആ ജ്ഞാനം യജ്ഞദത്തനിലേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് അവിടെ എന്തു വരുന്നു ദേവദത്ത അന്യനായജ്ഞദത്തൻ അവിടെ സംവേതമായ അത് ഏത് നിവർത്തകമായ ജ്ഞാനം ദേവദത്ത അന്യനായി യജ്ഞദത്തം അവിടെ സംവേതമായി ആ സാധ്യം അപ്പോൾ തത് അസംവേദം എന്ന് പറഞ്ഞാലും തത് അന്യസമവേതം എന്ന് പറഞ്ഞാലും എവിടെ വരും യജ്ഞ എത്തില്ല അവിടെ എന്തുണ്ട് സാധ്യമുണ്ട് ഇത് ഇത്രയും ക്ലിയറായ ബാക്കി സ്പഷ്ടമാണ് ഇങ്ങനെ പൂർവക്ഷി ഉപാധി കൊടുത്തു കഴിഞ്ഞപ്പോൾ സിദ്ധാന്തി പറയുന്നു സാധ്യവ്യാപകത്വവും വരത്തില്ല കാരണം ഇവിടെ സാധ്യത്തെ എടുത്തപ്പം ദേവതനിഷ്ഠ പ്രമാഭാവതിരിക്ത അനാദി നിവർത്തകമായി പ്രമേയെടുത്തു ജ്ഞാനത്തെ എടുത്തു അവിടെ അനാദിയാകുമ്പോൾ ജ്ഞാനപ്രാഗഭവമായി അപ്പൊ അതിനെ വിടുക എന്നിട്ട് സുഖം ദുഃഖം ഇതിനെയെല്ലാം എടുക്കുക അപ്പൊ സുഖദുഃഖാദികളെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ദേവതത്തെ നിഷ്ഠ ഭാവമായ അതിരിക്തമായ അനാദിയായി സുഖപ്രാഗഭാവം അല്ലെങ്കിൽ ദുഃഖപ്രാഗഭാവം അതിൻ്റെ നിവർത്തകം സുഖമല്ലെങ്കിൽ ദുഃഖമായി എന്തുകൊണ്ടൊരു കാര്യമുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രാഗഭാവം നശിക്കുന്നു അപ്പോൾ അത് ജ്ഞാനത്തെ സംബന്ധിച്ചാണ് ഇവിടെ പക്ഷം എന്ന് പറയുന്നത് ദേവനിഷ്ഠ പ്രമയാണ് പക്ഷം ആ പക്ഷത്തിൽ നിവർത്തകത്വം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലാണ് വിവാദമാണ് പ്രമയിൽ വിവാദം അതാണ് എപ്പോഴും പക്ഷത്തിൽ സാധ്യമുണ്ടോ ഇല്ലയോ അതാണ് വിവാദം അനുമാനം നടത്തുമ്പോൾ അനുമാനം ഹെത്വാസും എല്ലാം നിവർത്തിച്ച് ഒടുവിലെ തീരുമാനിക്കാൻ പറ്റൂ പക്ഷത്തിൽ സാധ്യമുണ്ടാവും അനുമാനം നടത്തുമ്പോൾ ഹേത്തോസം ഒന്നും തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഇപ്പം വിവാദാസ്പദമാണ് പ്രമ ഏത് ദേവദത്തെ പ്രമ അതിൽ നിവർത്തകത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം അത് വിവാദമുണ്ടോണ്ട് അതിനെ മാറ്റി വെച്ചു പക്ഷേ വെറും നിവർത്തകമെന്ന് പറഞ്ഞാൽ പ്രമ മാത്രമല്ല സുതുക്കാദികളെല്ലാം പ്രാഗഭാവ നിവർത്തകങ്ങളാണ് അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല തർക്കനുമില്ല അദ്വൈതിക്കുമില്ല അപ്പോൾ ദേവതത്വനിഷ്ഠ പ്രഭാവ അതിരിക്തമായ അനാദിയായി സോതുക്കാതി പ്രാഗഭാവം അതിൻ്റെ നിവർത്തകം എന്ന് പറയുന്നത് സോതുക്കാദികൾ അത് ദേവതത്തിനുണ്ട് അതില് തർക്കമുള്ള കാര്യമില്ല അപ്പോ സാധ്യം എന്ന് പറയുന്നത് ദേവതത്തിനിൽ വന്നു അപ്പോൾ അവിടെ തത് അസംവേദത്വം അല്ലെങ്കിൽ തത് അന്യസംവേദത്വം ഇല്ല എന്തുകൊണ്ട് സുഹതുക്കാദികൾ ദേവതത്തിൽ ഇരിക്കുന്നു അതിൽ വിവാദമല്ല പ്രമേയ പോലെയല്ല അത് പക്ഷമല്ല പക്ഷമാണെങ്കിലുള്ള പ്രശ്നം സുഹതുക്കാദികളെന്ന് പറയുന്നത് ദേവതത്തിലുണ്ട് യജ്ഞതത്തിലുണ്ട് സർവ്വത്രയുണ്ട് നിവർത്തകവുമാണ് ഇവിടെ ദേവദത്തിനെ എടുക്കുമ്പോൾ എന്താണ് തത് അസംവേദമല്ല തത് അന്യസംവേദമല്ല മറിച്ച് തത് സംവേദമാണ് ദേവദത്ത പ്രമ ഒഴികെ വേറെ എടുത്താൽ സാധ്യവ്യാപകത്വം എന്താ ഇല്ല സംവേദത്വമില്ലാത്ത സംവേദത്വമാണ് സാധ്യമുണ്ട് ഉപാധിയില്ല ഉപാധിയായി വിപക്ഷിച്ചതില്ല അപ്പൊ എന്തു വരുന്നു അവിടെ ഉപാധി വന്നില്ല അപ്പൊ ഉപാധി ഒഴിവായി അതാണ് അവിടെ അടുത്ത് പറഞ്ഞത് സാധ്യവ്യാപ്തേതംവേദ കാരണം ദേവദത്ത പ്രമേയാണല്ലോ പക്ഷം ദേവദത്ത പ്രമേയുടെ സ്ഥാനത്ത് ദേവദത്ത സുഖത്തെ അപ്പോൾ ഏത് ശബ്ദം കൊണ്ട് ദേവദത്തനെടുക്കാം അത സംവേദ എന്ന് വെച്ചാൽ ദേവദത്ത സംവേദ സുഖദുഃഖ ഇച്ഛാദ്വേഷ പ്രയത്നാനാം ഇവയെല്ലാം ഏത പ്രമാഭാവ അതിരിക്താണ് ആദ്യേ പ്രമാഭാവത്തെ എടുക്കരുത് അതിന് ഭിന്നമായ അനാദിയായ സുഹതുക്കാദികളുടെ പ്രാഗഭാവത്തെ എടുക്കുന്നു സ്വപ്രാഗഭാവ എന്ന് വെച്ചാൽ സുഹതുക്കാദി പ്രാഗഭാവ നിവർത്തകത്വേന സാധ്യ വിദ്യമാനെ അപ്പീ സാധ്യം അവിടെ നിലനിൽക്കുന്നു എവിടെ നീ പറഞ്ഞു ഉപാധി ഇല്ല സാധ്യോ വ്യാപകത്വം ഇല്ല അതുകൊണ്ട് അത് തീർന്നു ആ പ്രശ്നം തീർന്നു ഇനി ആർക്കെങ്കിലും ആ പ്രശ്നമുണ്ടോ അതങ്ങനെ എടുക്കുന്ന ദേവതത്തെ പ്രമാ പക്ഷമാണ് അതിൽ സാധ്യത്തിൻ്റെ കാര്യത്തിൽ വിവാദമുണ്ട് പ്രമാ നിവർത്തകമാണോ അനാദി ഭാവത്തിൻ്റെ നിവർത്തകമാണോ വിവാദമുണ്ട് പക്ഷെ സുതുക്കാദികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിവാദമില്ല ദേവതത്തിന് സൂതുക്കാദികളുണ്ടെന്നും ആ സൂതുക്കാദികൾ അതിൻ്റെ പ്രാഗഭാവത്തെ നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ താർക്കികനോ അദ്വൈതികോ പ്രവ്യത്യാസം ഇല്ല അപ്പോൾ സാധ്യം എന്തായാലും വ്യക്തമാണല്ലോ അപ്പോ ഇവിടെ സാധ്യം പറയുന്നിടത്ത് ജ്ഞാനമൊന്നോ സുഖമൊന്നോ ദുഃഖമൊന്നോ ഒന്നും പറഞ്ഞില്ല അവിടെ ഒരു പദമാണ് പ്രയോഗിച്ചത് എന്താണ് അനാഥെ നിവർത്തകം ഈ അനാഥെ നിവർത്തകമെന്ന് പറഞ്ഞുകൊണ്ട് ഉപാധി കൊടുത്തയാൾ ജ്ഞാനത്തെടുത്തു നിവർത്തകമായിട്ട് ഉപാധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകിച്ച് നിവർത്തകത്തിന് ജ്ഞാനമെന്നൊരർത്ഥം ഇല്ലാത്തത് കൊണ്ട് സുഖം ദുഃഖവും എടുത്തു ആ അല്ല ഉപാധി എന്ന് വെച്ചാൽ സാധ്യവ്യാപകത്വം വരണം എവിടെയെങ്കിലും ആ വ്യാപകത്വം ഇല്ലയെന്ന് ഒന്നുകഴിഞ്ഞാൽ ഉപാധിയില്ല സാധ്യവ്യാപകത്വം വരണമെങ്കിൽ സർവ്വത്ര എത്ര എത്ര സാധ്യം എത്ര എത്ര ഉപാധി വരണം പക്ഷെ ഇവിടെ ഒരു സ്ഥലം കാണിക്കുന്നു അവിടെ സാധ്യമുണ്ട് ഉപാധിയില്ല അതേതാണ് അതങ്ങനെ എടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞു ഇവിടെ അനാഥെ നിവർത്തകം ജ്ഞാനോ എന്നൊരു അർത്ഥം മാത്രം എടുത്താൽ ഇത് പറ്റത്തില്ല പക്ഷെ നിവർത്തകത്തിന് ജ്ഞാനമെന്നല്ലോ അർത്ഥം നിവർത്തിപ്പിക്കുന്ന ഏതു പോകുമ്പോൾ പസുതുക്കാദികളെ എടുത്തു പസുതുക്കാദികൾ നിവർത്തകമായി അനാദിയുടെ നിവർത്തകമായി ആ അസുദുക്കാദികൾ ദേവതത്വം ഇഷ്ടമാണ് ഏതത് സംവേദമായി ഏത് അസംവേദത്വം വന്നില്ല ഞാനെടുത്ത് കഴിഞ്ഞാൽ എന്തുവരും ഉപാധി വരും ഞാനിവിടുത്ത് ഉപാധി വന്നു അപ്പൊ പറയുന്നു ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപ്തിയെ കാണിക്കണം എത്രയെത്ര സാധ്യം അതായത് എത്ര എത്ര ധൂമഹ അത്ര എത്ര അഗ്നി തിരിച്ചും പറയാം എത്ര എത്ര അഗ്നി അത്ര എത്ര ധൂമഹ മഹാനസം പക്ഷെ അത് മാത്രം പോരാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്രയെത്ര വന്നിഹി തത്ര ധൂമാന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യാപ്തി പോയി വ്യാപ്തിയില്ല അപ്പ ഇവിടെ എത്രയെത്ര സാധ്യം തത്രപാധി എന്ന് പറയാം പക്ഷെ ഒരു സ്ഥലത്ത് എത്ര എത്ര സാധ്യം തത്രപാധി എന്ന് പറയാൻ പറ്റില്ല സുഖത്തെടുത്തപ്പം അതുപോലെ പല സ്ഥലത്ത് അപ്പം വ്യാപ്തിയില്ല സാധ്യവ്യാപകത്വില്ല ഇപ്പൊ ദോഷം കാണിക്കുന്നതിന് ഒരു സ്ഥലം മതി എങ്കിലൊരു സ്ഥലത്തെ എടുത്തിട്ട് ദോഷത്തെ കാണിച്ചാൽ വ്യാപ്തി പോയി അല്ലെങ്കിൽ രണ്ടു തരത്തിലും പറയാനുള്ള എത്രയെത്ര ദഹ തത്ര വന്യി എത്രയെത്ര വന്യഹി അത്ര ദുമഹ വിധംഹാൻസ് പക്ഷെ അയോ ഗോളകത്തിൽ വരുമ്പം അത് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞു എന്ന അടുത്ത് വീണ്ടും അടുത്ത് ദോഷം പറയണം വിവാദപദം അനാദേഭാവ നിവർത്തകം നോതി പദാർത്ഥ സമ്പ്രതിപന്നവതി പ്രത്യനുമാനവിരോധ പറയുന്നു ഇവിടെ സപ്രതിപക്ഷാനുമാനം പറയണം വിവാദാസ്പദം ജ്ഞാനം അനാദിഭാവർത്തകം നീ പദാർത്ഥത്വാദ്ഘടവത് ഒരു ഹനുമാനം പറയാണ് വിവാദാസ്പദം ജ്ഞാനം പക്ഷം അനാദിഭാവ നിവർത്തകൻ നവതി സാധ്യം ഹേതു പദാർത്ഥത്വാ ദൃഷ്ടാന്തഘടവത് ഇനി ഘടത്തി നോക്കിയാൽ മതി പക്ഷത്തിലെ ഏതും എന്താ പറഞ്ഞത് പദാർത്ഥത്വം ഘടത്തിൽ പദാർത്ഥത്വം ഉണ്ടോ ഉണ്ട് ഇനി സാധ്യം നോക്കുക അനാദി ഭാവനിവർത്തകത്വ അഭാവ അനാദിയായ ഏതെങ്കിലും ഭാവത്തെ ഘടത്തിന് നിവർത്തിപ്പിക്കാൻ പറ്റൂ പറ്റൂ ഏതെങ്കിലും ഒരു അനാദിയായ ഭാവത്തെ ഘടം വിചാരിച്ചാൽ കാരണം അനാദിഭാവം എന്ന് പറയുമ്പോൾ പരമാണ് അതിനെ ഘടത്തിന് ഇല്ലാതാക്കാൻ പറ്റുമോ പിന്നെ ആത്മാവ് അനാദിഭാവമാണ് കാലം ദേശം മനസ്സ് ആകാശ് ഇതിനേതിനെങ്കിലും നശിപ്പിക്കാൻ ഘടം വിചാരിച്ചാൽ പറ്റുമോ പറ്റുമോ അപ്പോൾ അനാദിഭാവനിവർത്തകത്വഭാവം ദൃഷ്ടാന്തത്തിലുണ്ട് നിവർത്തകമല്ലെന്ന് വെച്ചാൽ നിവർത്തകത്വഭാവം അനാദി ഭാവസ്ഥ നിവർത്തകം എന്ന് പറഞ്ഞാൽ സാധ്യം അനാദി ഭാവനിവർത്തകത്വ അഭാവം എവിടെ വന്നു കടം വിചാരിച്ചാൽ അനാദിയായ ഒരു ഭാവത്തിനെയും ഇല്ലാതാക്കാൻ കഴിയത്തില്ല അപ്പൊ ദൃഷ്ടാന്തത്തിൽ ഏതും വന്നു പിന്നെ പക്ഷം എന്താണ് നോക്കുക വിവാദാസ്പദം പ്രമ അതാണ് ഹേതു എന്താണ് പദാർത്ഥത്വം പ്രമേ പദാർത്ഥത്വം ഉണ്ടോ പക്ഷത്തിൽ ഹേതു കൊണ്ട് ദുഷ്ടാന്തത്തിൽ ഏതു സാധ്യമുണ്ട് അനുമാനശീരിയാക്ക സപ്രതീക്ഷമായി സിദ്ധാന്തി എന്താ പറയുന്നത് പ്രമ അനാദിയായ ഭാവത്തിൻ്റെ നിവർത്തകം അനാദിയായ ഭാവമായി അജ്ഞാനവർത്തകമെന്നാണ് സപ്തപക്ഷ അനുമാനത്തിൽ തർക്കം പറയുന്നത് പ്രമയ്ക്ക് അങ്ങനെ ഒരു ശേഷിയില്ല അനാദിയായ ഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല ഘടവും അങ്ങനെ ചെയ്യുന്നതാണ് ദൃഷ്ടാത്തതിന്റെ താല്പര്യതാണ് പ്രമ എന്ന് പറയുന്നത് അനാദിയായ ഏതെങ്കിലും ഭാവത്തെ ഇല്ലാതാക്കിയെങ്കിൽ ആ പണി ആരും ചെയ്തനെ ഘടം ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലെങ്കിൽ ക്രമയ്ക്ക് അനാദിയായ ഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല സത്പ്രതീക്ഷമായി സത്പ്രതീക്ഷം ഏത്വാഭാസ് അപ്പോ അദ്വൈത് കഷ്ടപ്പെട്ടുണ്ടാക്കി ഇത്രയും ലംബാ ചവിട ഹനുമാന എവിടെ പോയി ഏ ചവിട്ടുമുട്ടയിൽ പോയി ാണ് പറയുന്നത് ശരിയായോ ഇപ്പൊ നിങ്ങൾ ആരുടെ പക്ഷം സിദ്ധാന്തിയുടെ പക്ഷത്തോ താർക്കിയുടെ പക്ഷത്തോ ജയിച്ചവരുടെ പക്ഷത്തും ഇപ്പൊ ജയിച്ചേക്കുന്നാരാ താർക്കിയെന്നു വച്ചാൽ വിവാദപഥം അനാഥേർ ഭാവസ്യ നിവർത്തകൻ നമ്പോതി പദാർത്ഥത്വാ സമ്പ്രതിപന്നമെന്നു വെച്ചാൽ സമ്പ്രതിപന്നം ഉഭയസമ്മതം ഉഭയസമ്മതമായതെന്ന് പറയുമ്പോൾ പൊതുവേദന എടുക്കുന്നത് ഘടത്തെ ഘടം അനാദിയായ ഭാവത്തിന്റെ നിവർത്തകമല്ല എന്നുള്ളത് രണ്ടുമൂട്ടർക്കും സമ്മതമായ കാര്യമാണ് ഇതിപ്രത്യനുമാനവിരോധ എന്നുവെച്ചാൽ സപ്രതിപക്ഷ വിരോധം കൂടെ വരുമല്ലോ പറയുന്നു സിദ്ധാന്തി പറയണെന്താണ് ഇത് കയ്യിൽ വച്ചാ ഇങ്ങോട്ടിറക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് സത്താദ്രവ്യത്വാദി അനിവർത്തകത്വന സിദ്ധസാധന ഇവിടെ നിങ്ങളുടെ അനുമാനത്തിൽ സിദ്ധസാധനം ഒന്ന് ദോഷമുണ്ട് നിങ്ങളെന്താ പറയുന്നത് ഘടം അനാദിയായ ഭാവത്തെ നിവർത്തിപ്പിക്കുകയില്ല ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് താർക്കിയ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് രണ്ടുപേർക്ക് സമ്മതമായ കാര്യമാണെന്ന് വെച്ചാൽ എന്താണ് ഇത് പ്രമാണാന്തരേണ അപകത അർത്ഥ്യ അനുമാനമാണ് മറ്റ് പ്രമാണങ്ങളിലൂടെ അറിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി അനുമാനം നടത്തിയാൽ സിദ്ധസാനദോഷം വരും പ്രമാണാന്തരേണ അപഗത അർത്ഥസ് അനുമാനം സിദ്ധസാധിക്കും മറ്റൊരു പ്രമാണത്തിലൂടെ അറിഞ്ഞു അപ്പോൾ താർക്കികനവും അധ്വൈക്കും എല്ലാവർക്കും സമ്മതമായ കാര്യമാണെന്ത് ഘടം അനാദിയായ ഒരു ഭാവത്തെ നിവർത്തിപ്പിക്കില്ല പിന്നെന്തിനുമാനം നടത്തുന്നത് ഇപ്പോൾ ശുദ്ധമായ ഒരു കാര്യത്തെ സാധിക്കുന്നതിന് വേണ്ടി അനുമാനം നടത്തി കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന സത്പ്രതിപക്ഷ അനുമാനത്തിലാണ് ദോഷം പക്ഷെന്താണ് ഞങ്ങൾ പറഞ്ഞത് സിദ്ധസാ ആണ് സത്ത ദ്രവ്യത്വാദി അനിവർത്തകത്വനാ അനാദിയായ ഭാവങ്ങളായ സത്താ ദ്രവ്യത്വം നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് ആകാശം കാലം അനുഗോരവിടെ എന്താണ് സത്താ ദ്രവ്യത്വം എന്നെല്ലാം പറഞ്ഞു ഇതിന്റെ എല്ലാം അനിവർത്തകമാണ് എന്നുള്ള കാര്യം ഘടം ഇതിൻ്റെ ഇതിനൊന്നും നിവർത്തിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ സിദ്ധാന്തത്തിൽ സിദ്ധമാണ് അതിനു സാധിക്കുന്നതിന് വേണ്ടി ഇനി അനുമാനത്തിൻ്റെ ആവശ്യം ഇല്ല സത്ത ഈ സത്താദ്രവ്യത്വാദി എന്ന് പറയുന്നത് അനാദിയായതുകൊണ്ട് അനു ഘടം നിവർത്തിപ്പിക്കുന്നില്ലാദി അനിവർത്തകത്വനു സിദ്ധ സാധനത്വ ഇവിടെ പറയുന്ന അനുസരിച്ച് അത് ശുദ്ധസാധനമാണ് അതിനെ അനുമാനിക്കേണ്ട കാര്യമില്ലല്ലോ പ്രമാണാന്തരത്തിലൂടെ ശുദ്ധമായ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി വീണ്ടും അനുമാനം നടത്തേണ്ട കാര്യം ശരിക്കി പറഞ്ഞാൽ പർവ്വതത്തിൽ മഞ്ഞെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അനുമാനിക്കേണ്ട കാര്യമില്ല പ്രത്യക്ഷസിദ്ധ്യർത്ഥം അനുമാനീന ബുദ്ധേയ തർക്കരസിക്കാഹ എന്ന് വേറൊരു പക്ഷമുണ്ട് പ്രത്യക്ഷസിദ്ധമായ ആണെങ്കിലും എന്തെയും പ്രത്യക്ഷാകരിതമപ്യർത്ഥം അനുമാന ബുപുസ്സന്തരസിക പ്രത്യക്ഷസിദ്ധമായൊരു വിഷയത്തെയും വേണ്ടിവന്നാൽ എന്തി അനുമാനത്തിലൂടെ സാധിച്ചത് താർക്കികന്മാർ അങ്ങനെ ഒരു പക്ഷമുണ്ട് കരുണിധുഷ്ഠേ അനുമാനേന ബുപുസന് തർക്ക അതായത് തൊട്ടു തുമ്പില് ആന തിമ്പു കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ അനുമാനിക്കാൻ താർക്ക്യം തയ്യാറാവത്തില്ല എന്റെ ഓടി രക്ഷ ഓടി രക്ഷപ്പെടുത്തുള്ളൂ മറുതർക്കം അങ്ങനെ പറയുമ്പോഴാണ് പറയുന്നത് എന്താണ് പ്രത്യക്ഷമായാലും ഞങ്ങൾ അനുമാനിച്ചു കളിയെന്ന് പറയുമ്പോഴാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കരുണിധിഷ്ഠേ ണിധിഷ്ഠേ തം അനുമിമത്തെ അനുമാതാരങ്ങനെയാണ് നിങ്ങൾ ആഹി കരണിധുഷ്ഠേ തം അനുമിമത്തെ അനുമാതാരഹ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ആന ഒന്ന് ഞങ്ങടെ അനുമാനം നടത്തും അതെ ഇല്ലല്ലോ പിന്നെന്താ <imansi> <coughs> Abhadea, ും വാഹി പറയുന്നു പ്രത്യക്ഷമായി കണ്ടാലും ഞങ്ങളെ അനുമാനിച്ചു അതൊക്കെ വെറുതെ ഇങ്ങനെ അതിന് തന്നെ പല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഇവിടെ ഇപ്പം എന്താണ് പറയുന്നത് സിദ്ധ സാധനം സത്താ ദ്രവ്യത്വാദി അനുവർത്തകത്വേന സിദ്ധ സാധനം ഞാൻ പറയുന്നു അപ്പോഴാണ് അദ്വൈതി പറയുന്നു ഇവിടെ സത്പ്രതിപക്ഷം സത്പ്രതിപക്ഷത്തിൽ പറഞ്ഞു സിദ്ധസാധനമാണ് പോയ് എന്നത് താർക്കിയ വിടുക താർക്കം പറയുന്നു അത് ശരിയല്ല എന്തുകൊണ്ട് നനോ സമ്പ്രതിപന്ന ആത്മാതി പദാർത്ഥാതിരിക്തസ് ഭാവസ്ഥ അഭാവാതിരിക്താദേഹി ന നിവർത്തകം ഇതിവിശേഷണ ഇതം അദൂഷണം പറയുന്നു നിങ്ങൾ പറയുന്നതിലൂടെ സിദ്ധസാധനമൊന്നും വരത്തില്ല എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്ന എന്താണ് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്താണ് അനാദേർ ഭാവസ്യ നിവർത്തകൻ്റെ ഭവതി എന്നല്ലേ പറഞ്ഞുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ ഉദ്ദേശിച്ചതൊന്നുമല്ല എന്താ ഉദ്ദേശിച്ചത് സംപ്രതിപന്ന ആത്മാദി പദാർത്ഥ അതിരിക്തസ്യ അനാദി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും സമ്പദ്മായിട്ടുള്ള ആത്മാദികളെ ഒഴിവാക്കണം അനാദി എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ സിദ്ധസാധനം എന്നുകൊണ്ട് പറഞ്ഞു ആത്മാദികളെ എടുത്തിട്ടല്ലേ അതിനൊഴിവാക്കും സമ്പ്രതിപന്നു വച്ചാൽ ഉഭയസമ്മതമായ ആത്മാതി പദാർത്ഥ അതിരിക്ത അതിനൊഴിവാക്കുക പിന്നെ ഒഴിവാക്കിയ ഭാവത്തെ എടുക്കണം അതിരിക്തസ്യ ഭാവസ്ഥ അത് പിന്നെ എന്തായിരിക്കണം അഭാവം അതിരിക്തമായിരിക്കണം അഭാവമായിരിക്കാൻ പാടില്ല താർക്കം പറയണം സിദ്ധസാധനം പറഞ്ഞ ആത്മാദികളെ ഒഴിവാക്കണം ആത്മാദികൾ ഒഴികെയുള്ള ഒരു ഭാവം അത് അഭാവ് അതിരിക്തമായിരിക്കണം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അദ്വൈതിയും പറയുന്നത് ഞങ്ങളുടെ അജ്ഞാനം ഭാവമാണ് എന്ന അഭാവ് അതിരിക്തമാണ് എന്നാൽ അത് തന്നെ ഞങ്ങളും പറയുന്നു അനാദി ഭാവത്തെ നിവർത്തിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അനാദി ആത്മാദികളല്ല അഭാവമല്ല എന്ന ഒരു ഭാവമാണ് അങ്ങനെയുള്ള അനാദിയെ നിവർത്തിപ്പിക്കുന്നില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായോ താർക്കിയും പറയുന്നത് അനാദിയെ നിവർത്തിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സിദ്ധസാധനം എന്നെന്തുകൊണ്ട് പറഞ്ഞു ആത്മാദികൾ അനാദിയാണ് അതിനെ നിവർത്തിപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് സമ്മതമാണ് സിദ്ധസാധനം എന്നല്ലേ പറഞ്ഞത് പറയുന്നു ഞങ്ങൾ പറഞ്ഞാലല്ല ആത്മാദികളെ ഒഴിവാക്കുക എന്നാൽ അത് ഭാവമാണ് എന്നാൽ അത് അഭാവമല്ല അങ്ങനെയുള്ള ഒന്നിനെ നിങ്ങൾ പറയുന്ന എന്താണ് അനാദി ഭാവരൂപത്തിലുള്ള ആ ജ്ഞാനം അതിന്റെ നിവർത്തകമല്ലെന്നാ ഞങ്ങള് പറഞ്ഞു ചുരുക്കത്തിൽ അതാണ് അല്ല അദ്വൈതി എന്താ പറയുന്നത് അല്ല അത് നേരത്തെ പറഞ്ഞു അദ്വൈതി എന്താണ് അഭാവം എന്ന് വെച്ചാൽ ഭാവവിലക്ഷണമെന്നുള്ളു അത് തന്നെ തർക്കീനം പറയും അനാദി എന്ന് പറഞ്ഞാൽ അത് അഭാവമല്ല പിന്നെ എന്താ അഭാവമാണ് പറഞ്ഞെന്താണ് അത് ഭാവവിലക്ഷണമാണ് ഞങ്ങൾ അഭാവം എന്ന് പറഞ്ഞ ഭാവമെന്ന് പറഞ്ഞാൽ അഭാവവിലക്ഷണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന അദ്വൈതി നേരത്തെ പറഞ്ഞു അദ്വൈതി പറഞ്ഞാണ് അഭാവവിലക്ഷണമായ ഭാവം നിങ്ങൾ പറയുന്നു അദ്വൈതി പറഞ്ഞാണ് അത് അതായത് അദ്വൈതി പറയുന്നത് എന്താണ് അജ്ഞാനം ഭാവമാണ് എന്ന് പറഞ്ഞു അജ്ഞാനം ഭാവമോ ഭാവം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അഭാവവിലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അഭാവ വിലക്ഷണമായ ഒരു അജ്ഞാനത്തെ നശിപ്പിക്കുമെന്നല്ലേ പറയുന്നു ഞാനും പറയുന്നു അത് ഞങ്ങളും സമ്മതിക്കാം പക്ഷെ അഭാവ വിലക്ഷണമായ ഭാവത്തെ നശിപ്പിക്കത്തില്ല ആത്മാദികളാണോ അല്ല ആത്മാദികളല്ല ആത്മാദികളുമല്ല എന്നാത് അഭാവവിലണമായൊരു ഭാവവുമാണ് അങ്ങനെ ഒന്നിനെ നശിപ്പിക്കത്തില്ല അപ്പം സിദ്ധസാധനം വന്നില്ലല്ലോ ആത്മാദികളെ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സിദ്ധസാധനമായി പക്ഷെ ആത്മാദികളിൽ നിന്ന് ഭിന്നവും അഭാവവിലക്ഷണവുമായ ഒരു ഭാവത്തെ നശിപ്പിക്കുന്നില്ല അങ്ങനെ സിദ്ധ സാധനമില്ല അങ്ങനെ ഒരു സാധനം ഇതുവരെ രണ്ട് കൂട്ടർക്ക് സിദ്ധിച്ചിട്ടില്ലല്ലോ ആദ്യം തന്നെ അതിന് പാരം പറഞ്ഞു നേരത്തെ സത്താദ്രവീയത്വം എന്ന് പറഞ്ഞു ഇപ്പൊ ആത്മാന്ന് പറഞ്ഞു മനസ്സിലായോ അതായത് അനാദിയായ ഭാവത്തെ നശിപ്പിക്കത്തില്ല എന്ന് താർക്കുമ്പോൾ അപ്പം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധസാധനമാണ് കാരണം എന്തുകൊണ്ട് അനാദി ഭാവമാണ് ആത്മാദികൾ അതിനെ നശിപ്പിക്കുന്നില്ല അത് ഞങ്ങൾക്ക് സമ്മതമാണ് അമ്പര ഇന്നിവിടെ ശുദ്ധ സാധനം വരത്തില്ല ഞങ്ങൾ പറയുന്നത് അനാദിയായ ഒരു ഭാവം അത് അഭാവവിലക്ഷണമാണെന്ന് ആത്മാദികളുമല്ല നശിപ്പിക്കില്ലെന്ന് പറയുമ്പോൾ വേദന നശിപ്പിക്കില്ല എന്നായി ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ആര് അത് ഇവര് പറയുന്നല്ലേ ആര് വേദാന്തി വേദാന്തി അല്ലേ പറയുന്നു തർക്കിലോ പറഞ്ഞു വേദാന്തി പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട് അത് അനാദിയാണ് അഭാവപിലണമായ ഭാവമാണ് അതിനെ നശിപ്പിക്കുന്നു അപ്പൊ താർക്ക്യം പറയുന്നു അങ്ങനെ ഒന്നിനും നശിപ്പിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞത് ഞങ്ങളും പറയുന്നു അത്രേ ഉള്ളൂ അദ്വൈതയല്ലേ പറഞ്ഞത് അത് ഇത് പറഞ്ഞതിന് പറയുന്നു നിങ്ങൾ ഏതാനാണോ നശിപ്പിക്കുമെന്ന് പറയുന്നത് അങ്ങനെ ഒന്നിനെ നശിപ്പിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു ഇല്ല എന്ന് പറയുന്നു പറയുന്നു അങ്ങനെ ഒന്നുമില്ല എന്ന് താർക്കികം പറയുമ്പോ അദ്വൈതപറയുന്നു എന്നാ അത് ശരിയല്ല അതായത് തർക്കന്റെ അനുമാനം എന്താണ് സത്പ്രതിപക്ഷ അനുമാനം അനാഥേർ ഭാവസ്യ നിവർത്തക എന്ന ഭവതി പദാർത്ഥത്വ ജ്ഞാനം അനാദിയായ ഭാവത്തെ നിവർത്തിപ്പിക്കുന്നില്ല എന്തുകൊണ്ടതൊരു പദാർത്ഥമായതുകൊണ്ട് ഘടത്ത പോലെ സത്പ്രതിപക്ഷാനുമാനം പറയുന്നു അനാദിഭാവത്തെ ഒരു പദാർത്ഥം നിവർത്തിപ്പിക്കുന്നില്ല എന്നുള്ള ശ്രദ്ധ സാധനമാണ് അത് ഞങ്ങൾക്ക് സമ്മതമാണ് പറഞ്ഞു അനാദിയായ ഭാവത്തെ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങളൊരു വിശേഷം കൂടെ ചേർക്കുന്നു ആ അനാദിയായ ഭാവം എന്ന് പറയുന്നത് അഭാവവിലണവും ആത്മാദികളിൽ നിന്ന് ഭിന്നവുമാണ് അങ്ങനെയുള്ള ഒരു ഭാവത്തെ നശിപ്പിക്കുന്നില്ല എന്ന് അപ്പോ വർക്കീൻ എന്തു ചെയ്തു സിദ്ധസാധനം എന്ന് പറയുന്ന ദോഷത്തെ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ അനുമാനത്തിൽ സാധ്യത്തിൽ ഒരു വിശേഷണം ചേർത്തു അവരുടെ അനുമാനം എന്ന് പറയുന്നത് അനാദിയായ ഭാവത്തെ നിവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പദാർത്ഥം എന്നുവെച്ചാൽ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാൻ ഒരു പദാർത്ഥവും ഇല്ല എന്നാണ് അവരുടെ സിദ്ധാന്തത്തെ ഇല്ല ഒരു പദാർത്ഥം അനാദിയെ നിവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രാഗഭാവത്തെ മാത്രേ നിവർത്തിപ്പിക്കൂ വേറെ അനാദിയായ ഒന്നിനെയും നിവർത്തിപ്പിക്കത്തില്ല ബാക്കിയെല്ലാം ഉത്പന്നമായതിനെ നശിപ്പിക്കത്തുള്ളൂ ഭാവപദാർത്ഥങ്ങൾ ദണ്ഡം ഘടത്തെ നശിപ്പിക്കും ഘടക ഉത്പന്നമായതുകൊണ്ട് ഭാവത്തെ ഭാവം നശിപ്പിക്കുക ഉത്പന്നമാണെങ്കിൽ അനാദിയായ ഭാവത്തെ ഒന്നും നശിപ്പിക്കരുത് അപ്പൊ അനാദിയായ ഭാവത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധസാധനം പറഞ്ഞപ്പോൾ സാധ്യത്തിന് വിശേഷണം ചേർത്താൽ ദോഷത്തെ ഒഴിവാക്കാനും അനാദിയായ ഭാവം എങ്ങനെയായിരിക്കണം ആ ഭാവ വിലക്ഷണമായിരിക്കണം ആത്മാദികളിൽ നിന്ന് ഭിന്നമായിരിക്കണം അങ്ങനെ വരുമ്പം പിന്നെ ശേഷിക്കുന്ന ഒന്നേ ഉള്ളൂ അദ്വൈതി പറയുന്ന ഭാവരൂപത്തിലുള്ള അജ്ഞാനം അതിനെ നിവർത്തിപ്പിക്കില്ല എന്ന് വരും അപ്പം അദ്വൈതി പറയുന്നു ഇത് ശരിയല്ല എന്തുകൊണ്ട് ഇവിടെ അപ്രസിദ്ധ വിശേഷണം എന്ന് പറയുന്ന ദോഷമുണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ സാധ്യത്തിൽ നിങ്ങളിപ്പോൾ ഒരു വിശേഷണം ചെയ്തത് എന്താണ് അഭാവവിലമായ ഭാവം ആത്മാദികളിൽ നിന്നും ഭിന്നം അങ്ങനെ ഒരു സാധനം നിങ്ങൾക്കുണ്ടോ ആ ഭാവത്തിൽ നിന്ന് വിലക്ഷണമായ ഭാവം എന്നാൽ ആത്മാദികളിൽ നിന്ന് ഭിന്നവും ആയിരിക്കണം അനാദിയായിരിക്കണം അങ്ങനെ ഏതാ ഉള്ളത് സാധ്യത്തിന്റെ വിശേഷണമാണ് കൂട്ടിച്ചേർത്ത് സാധ്യത്തെ അങ്ങനെ തന്നെ നിർത്തി അനാദിയായ ഭാവത്തിനെ നിവർത്തിപ്പിക്കുന്നല്ല ആ അനാദിയായ ഭാവത്തിന് വിശേഷണം ചേർത്തു അത് അഭാവവിലായിരിക്കണം ആത്മാവിൽ നിന്ന് ഭിന്നമായിരിക്കണം എന്നു വെച്ചാൽ ആത്മാതി ഭിന്നെ സതി അഭാവവിലേ സതി അനാദിത്വ സതി ഭാവത്വസ നിവർത്തകത്വ അഭാവി ഇത്രയും ചേർത്ത് മനസ്സിലായ ആത്മാതി അഭാവലക്ഷണത്വസതി അനാദിഭാവനിവർത്തകത്വം നഭവതി അപ്പം നേരത്തെ അനാദിഭാവ നിവർത്തകത്വം നഭവതി എന്നുള്ളതിന് കൂടി വിശേഷണം കുറച്ചുകൂടെ ചേർത്തി ഈ ചേർത്ത വിശേഷണം എന്താണെന്ന് താർക്കികനെ തന്നെ അറിയത്തില്ല താർക്കിക ഈ സപ്തപദാർത്ഥങ്ങളിൽ ആത്മാദികളിൽ നിന്ന് ഭിന്നവും അഭാവത്തിൽ നിന്ന് വിലക്ഷണവുമായ ഒരു അനാദി ഭാവം ഏതാ ഇല്ല അപ്പോൾ അപ്രസിദ്ധവിശേഷണം എന്ന് പറഞ്ഞാൽ താർക്കികൻ ഒരു സപ്രതിപക്ഷ അനുമാനം കൊണ്ടു വന്നപ്പോൾ അതിൽ ദോഷം പറഞ്ഞു അത് സിദ്ധസാധനമാണ് അതിനെ പരിഹരിക്കാൻ വേണ്ടി താർക്കികൻ താൻ പറഞ്ഞ സാധ്യത്തിൽ കുറെ വിശേഷങ്ങൾ കൂട്ടി ചേർത്തു അതൊന്നും പ്രസിദ്ധമായ കാര്യങ്ങളല്ല എന്നുള്ള ധൈര്യത്തിലാണ് ചേർത്തത് ഏന്ന് പറഞ്ഞാൽ സിദ്ധമല്ല സിദ്ധമല്ലാന്നുള്ള ധൈര്യം പറയുന്നു അത് സിദ്ധമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരല്ലോ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ അത് സിദ്ധമാണ് ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ സിദ്ധമല്ലല്ലോ അതിനാണ് പറയുന്നത് അപ്രസിദ്ധം അപ്രസിദ്ധ വിശേഷണമായി എന്നുവെച്ചാൽ സാധ്യത്തിൻ്റെ വിശേഷണം അപ്രസിദ്ധമായി കഴിഞ്ഞാൽ ആ വിശേഷണവിശിഷ്ടമായ സാധ്യവും അപ്രസിദ്ധമായി അങ്ങനെ ഒരു സാധ്യം ഇനി സിദ്ധിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ിക സത്പ്രതിപക്ഷ അനുമാനം പോയി ഹേത്വവാസം അപ്പൊ ആര് ജയിച്ചു ഇപ്പം നിങ്ങളാരക്ഷം എങ്ങനെ താർക്കിൻ എന്തുകൊണ്ട് ചേർത്തു താർക്കിയും ചേർത്തത് അദ്വൈതി പറഞ്ഞതുകൊണ്ട് അദ്വൈതിയുടെ എന്താണോ സാധ്യം അതിപ്പോ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെ ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ എന്തെയ്യും കൈ കൊണ്ട് തടുക്കും ഇല്ലേ ചിലപ്പോൾ കൈ ഒടിഞ്ഞു പോവും തടുക്കുമ്പോൾ അതാരോഹിക്കൂ ഇടികൊള്ളാതിരിക്കാനാണ് െയ്യുന്നു ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തു പറ്റും കൈ ഒടിഞ്ഞു പോവും അപ്പോൾ ഭാവിയിൽ അതാ അവൻ അടിക്കുന്നു ഞാൻ തടുക്കുന്നില്ല തടുത്താൽ കയ്യോടി എന്ന് അപ്പൊ എന്ത് ചെയ്തു അദ്വൈതി അതിലു ദോഷം പറഞ്ഞ് സിദ്ധസാ സിദ്ധസം അപ്പോ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇത് വെച്ചാണ് തടുക്കുന്നതെന്ന് പറഞ്ഞു തടുത്തു തടുത്തുകഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അദ്വൈതി ആ കയ്യെ ഓടിച്ചു അപ്പൊ പോയി എന്തുകൊണ്ട് താരകേന്ന് അതിനെ ധൈര്യപ്പെട്ടു കാരണം ഇത് അദ്വൈതി തന്നെ പറഞ്ഞതാ ഞങ്ങൾക്കൊരജ്ഞാനമുണ്ട് അത് അഭാവവിലാണ് അനാദിയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിക്കേർ പിടിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ പറയാം അപ്പം ചോദിച്ചാൽ അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുന്ന എന്താണ് നിങ്ങളുടെ സിദ്ധാന്തത്തിൽ എവിടെ അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്കുണ്ട് അദ്വൈതിയെ സംബന്ധിച്ച് ഉണ്ട് നിങ്ങൾക്കില്ലല്ലോ ഇല്ലാത്തത് കൊണ്ട് പോയി അദ്വൈതി ജയിച്ച് അപ്പൊ അവസാനം അദ്ദേഹത്തി ജയിച്ചിരിക്കും ഏത് ദൃഷ്ടാന്തമല്ല നിങ്ങൾ പറയുന്ന വിശേഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശാസ്ത്രത്തിൽ സിദ്ധമേ അല്ല ഇവിടെ ദൃഷ്ടാന്തമല്ല സാധ്യത്തിന്റെ വിശേഷണമാണ് അങ്ങനെ ഒരു സാധനം ഇല്ല നിങ്ങൾക്കില്ല പിന്നെങ്ങനെ നിങ്ങൾ ചേർക്കും എങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത പറയൂ അതെങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരു പദാർത്ഥമേ ഇല്ല ഇല്ലാത്തേനെ ഇല്ലാത്തതിനെ കൊല്ലത്തില്ലന്നല്ലേ അത് പറയുന്ന പോലെയാണ് ഞാൻ ആകാശകുസുമൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോലെയാണ് അങ്ങനെ പറയണോ ആരാടാ ഈ ആകാശകുസുമ്പോൾ പറിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ അയ്യോ ഞാൻ ആകാശകുസുമൊന്നും ചെയ്തില്ല അങ്ങനെ പറയാൻ പറ്റും ഇല്ലാത്തതിനൊന്നും ചെയ്യും ഇല്ലാത്തതിന് ഇല്ലെന്ന് പറയുന്നേ എങ്ങനെ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രമി സിദ്ധിക്കാനാണ് അദ്വൈതി ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ എന്തു ചെയ്തു തൻ്റെ അനുമാനത്തിലെ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി താർക്കികം തന്നെ എന്തു ചെയ്തു അങ്ങനെ പറഞ്ഞു പോയി അനാദിയായ ഭാവരൂപത്തിലുള്ള എന്നാൽ അത് അനാദി ഭാവ പദാർത്ഥങ്ങളിൽ നിന്ന് ഭിന്നവുമാണ് എന്ന അഭാവവും അല്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പറയുന്നു ഈ പറയുന്നൊന്നും നിങ്ങൾക്ക് ചേരുന്നത് അല്ല താങ്കൾക്ക് ഭൂഷണമല്ല അത് വിട്ടയ്ക്കുക അതാണ് വിശേഷണ പ്രസിദ്ധമായത് േതു ദർ ദദത്തുഖ്യാഗാവം സുഖപാഗാവം According to both, not a That is a only. here so അക്കോർഡിംഗ് ടു ബോത് നോട്ട് ഭാവം തട്ട് ഈസ് അഭാവം ഉള്ളി ദേവദത്ത ുഖപ്രാഗഭാവം സുഖം സോ ദേവദത്ത സുഖ പ്രാഗഭാവ അതിരിക്തം വാട്ട് ഈസ് വയർ അതിരിക്തം വിയർ നോട്ട് ലൈക് ദറ്റ് ദേവദത്ത് സുഖ പ്രഗഭാവ അതിരിക്തം ദേവദത്ത് സുഖ പ്രാഗഭാവ അതിരിക്തം ഘടം ഘടത്തി എടുക്കാം ദേവദത്ത്വ സുഖപ്രാഗ അതിരിക്തം എന്തും വരാം ഘടത്തിയെടുക്കാം ആത്മാഭ ആത്മാ ആത്മാവിനെടുക്കാം ഹേത്ഭാസം യു ഹവ് ടു തിങ്ക് അബൌട്ട് ഹേത് ആഭാസം ആൾസോ സാധ്യം ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് സാധ്യം അന് ഹേതു ഷുബി ദേ ദൃഷ്ടാന്തം ബട്ട് ദൻ യു ഹവ് ടു തിക് അബൌട്ട് ഹെത്വാഭാസം ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇനഫ് ടു പ്രൂവ് സാധ്യം ഹേതു ഈസ് ഒള്ളി ഇൻ പക്ഷം വട്ട് ഇസ്വം വാട്ട് ഇസ് പക്ഷം സോ ടെൻ The almanam, the hetu, is is only in pacham. Then that Kevala Hmm? അനുമാനം ഹേതു ഈസ് ഒള്ളി ഇൻ പക്ഷം ദവൽ നോ Hmm. Hmm. ദേവദത്തുഖം no. de, hmm. Hmm. Then So what is the benefit you get? So, you the, so, eh? So, so, so, so, so, so, so. No, no. Sudham hava, it, it is ajñānam. Sudha praga, praga bhava is not ajñānam. Jnāna praga bhava. Hmm. No, that is ajñānam. So, yes, hmm. <laughs> something else uh, according to whom tarkiga or no, advi they know that they both they don't agree with that nothing like that hmm hmm that is not in this their padartha so ivide തത്കാലം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ഈ അനുമാനം തീർന്നില്ല ഇനി മുമ്പോട്ട് പോകണം ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറാണെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റും ക്ലിയർ ആയോ ഏ ക്ലിയറായോ ഇനി അനുമാനത്തിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസത്തെ പണിയുണ്ട് ഇത് ക്ലിയർ ആണെങ്കി പോട്ട് പോവാം ഉം ഉം ഇത് ഇവിടെ ടൂറൊക്കെ കഴിഞ്ഞാലേ തീരത്തുള്ളൂ നാളെ കൂടെയല്ലേ ഉള്ളൂ ഇനി നാളെ കൊണ്ട് തീരത്തില്ല ഉം അല്ലല്ല ഒരു മാസത്തെ ചർച്ച തീരത്തുള്ളൂ വളരെ സാവകാശികരുന്ന ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ അനുമാനത്തിൽ വരുന്ന ദോഷം എന്താണെന്നും ദോഷത്തെ എങ്ങനെ പരിഹരിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ട അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ബാക്കി മനസ്സിലാക്കാം ഇത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇനി ബാക്കി ഞാൻ ഉണ്ടെന്ന് പറയുന്നത് എന്റെ സ്വന്തം മകയല്ല ഇതിന്റെ വ്യാഖ്യാനം കൂടെ നോക്കും ഈ വ്യാഖ്യാനത്തിൽ നോക്കിയിട്ട് രണ്ട് പേജുണ്ടല്ലോ താഴെ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മിടുക്കന്മാരാണെന്നും മിടുക്കികളാണെന്നും ഞാൻ പറയും എങ്ങനെ അതുകൊണ്ട് മനസ്സിലാക്കിയാൽ എന്നെ ദേവദത്ത പ്രമാദത്തനിഷ്ടത്ത പ്രമാഭാവാതിരിക്ത അനാദി നിവർത്തകത് അനധികം പ്രമാദത്തതി സത്പ്രതിപക്ഷത ഏത നിവർത്തകത്വനധിക ഉപാധേ ഏത് സുഖാദോ ചെതിരേവ സിദ്ധിഹി അതുവരെ ഉണ്ടനുമാനം അടുത്ത പേരിൽ ഇത്രയും മനസ്സിലാക്കിയാൽ വെറുതെ ഒരു തമാശ അത്രേ ഉള്ളൂ കാര്യമൊന്നുമില്ല മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് അത് മനസ്സിലാക്കുക അത്രേയുള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലേ അപ്പൊ അതുകൂടെ മനസ്സിലാക്കി വെച്ചാൽ അതുവരെ മനസ്സിലാക്കി വെച്ചാൽ എങ്ങനെ നാളെ നാളെ കൊണ്ടു തീരുമോ നോക്കാം നാളെ നോക്ക് നോക്കാം എങ്ങനെ തുടങ്ങുന്നത് ഇപ്പഴത്തെ പേജത്തേന്ന് ഇത് യുദ്ധമത്ര പ്രയോഗം ആവിടെന്നത് ടി കെയിലെ രണ്ടാമത്തെ വരി മുതൽ എന്താണ് ദേവദത്ത്വ പ്രമാണജ്ഞാനം ഏത പ്രമാണ അഭാവത്വ അനധികരണ അനാധിനൂർത്തകം പ്രമാണത്വദത്ത് പ്രമാണവത് അവിടെ മുതൽ നിങ്ങൾ നാളെ ഒരു ദിവസം കൊണ്ട് തീർക്കുകയും ഞാൻ റെഡിയാണ് ഒരു ദിവസം കൊണ്ട് തീർക്കാം എങ്ങനെ ഞാൻ പറയുന്നതിന്റെ അർത്ഥമല്ലേ പറയുന്ന ഞാൻ പറയുന്ന ഇതിന്റെ അർത്ഥമല്ല പിന്നെ ഞാൻ എന്താ അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ ഇതിന്റെ അർത്ഥം തന്നെ പറയുന്നതല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് അതിനാ um <sighs>